ശ്രീ <laughs> ഗുരു ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ടും അമ്മയെ സ്മരിച്ചുകൊണ്ടും കഠോപനിഷർച്ച വന്നെയാണ് അടുത്ത് ചർച്ച ചെയ്യേണ്ടത് ടുത്ത ഭാഗങ്ങളുമായിട്ട് നമ്മളെ പരിചയം ഒന്ന് പുതുക്കുന്നാണ് ആദ്യ ഭാഗം ഞാനൊന്ന് വായിക്കാം സഹനോ ഭുനക്ഹ വീതി തേജസ്വിനധീതമസ്തു മാ വിഷാവം ശാന്തി शान दिही, शान दिही, ओम शंह वै वाजश्रवस तस्ह नचिकेता पुत्र आस तंभकुम सदम ക്ഷിണസു നീയമാനു ശ്രദ്ധാവിശ സോമന്യത പീസോദകൃണ ദുധദദോഹാനിരിയാമ തേലോക ततो वासुपितरम् तत कस्मै मां दास्यसि इति द्वितीयं तृतीयं तं होवाच मृत्युवेत्वा ददामी इति बहुनाम एमि प्रथमो बहुनामेमि मध्यमः യമ്യം കരിഷ്യൂ മതി സജയത്തെ കഴിഞ്ഞ ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് പരാമർശിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ പാഠത്തിലേക്ക് കിടക്കുന്നത് ഇവിടെ ഭാഷകാരൻ പറയുന്നത് ഇതിന്റെ ആദ്യ സന്ദർഭത്തിൽ വരുന്ന ഈ കഥ ഇത് ആത്മവിദ്യയെ വേണ്ടി പറയുന്നതാണ് തിനു വേണ്ടി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അർത്ഥമാക്കേണ്ടതില്ല അർത്ഥവാദമാണ് കല്പിത കഥയാണ് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിരുന്നോ എന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ആദ്യം തന്നെ പറഞ്ഞത് ഇത് വിദ്യയെ സ്തുതിക്കുന്നതിനു വേണ്ടിയാണ് ആത്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിട്ടാണ് അതുകൊണ്ട് ഈ കഥയുടെ സാങ്കത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അതിന്റെ സംഭാവ്യതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ല മറിച്ച് കഥയിലൂടെ വെളിവാക്കുന്ന തത്വത്തിലാണ് ശ്രദ്ധ പതിയേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ കഥയിൽ എന്തെങ്കിലും യുക്തിഭംഗമുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വേവലാതിപ്പെടേണ്ടതില്ല അതിന്റെ താൽപ്പര്യത്തെ മാത്രം ഗ്രഹിച്ചാൽ മതി വേദത്തെ അനാദി എന്നാണ് സനാദിനികളെല്ലാം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിനാദിയില്ല ഈ കഥകളെല്ലാം വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ നടന്നതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന് ആദി ഉണ്ടെന്ന് വരും അതുകൊണ്ട് ഇതിൽ പറയുന്ന എല്ലാ കഥകളെയും സംഭവങ്ങളെയും എല്ലാം ആയിട്ടാണ് ആചാര്യന്മാര് സ്വീകരിച്ചിരിക്കുന്നത് സംഭവ കഥകളായിട്ടല്ല ആധ്യാത്മികമായി അതിന് പഠിക്കുന്നവർ ഇതിന്റെ എല്ലാം ചരിത്ര പഠനം നടത്തുന്നവർക്ക് ചിലപ്പോ എന്തെങ്കിലും ചരിത്രവുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരാം അത് മറ്റൊരു തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ആത്മീയമായ തത്വ പ്രാധാന്യമായ ഒരു പഠനമാണെങ്കിൽ അവിടെ ഈ കഥകൾക്കൊന്നും അതാണ് ഇവിടെ ഭാഷ്യകാരണം ആദ്യമേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കുമാരനായിരിക്കുന്ന യൗവനത്തിലെത്താത്ത നജികേദസ് പിതാവിന്റെ സർവധനവും ദാനം ചെയ്യുന്നതായ യാഗത്തിന്റെ വൈകുണ്യം അതായത് ആ യാഗത്തിൽ പൂർണതയില്ലായ്മ അത് കണ്ട് ആ നജീകേതസിൽ ശ്രദ്ധ ഉണ്ടായി നജീകേസ് ബാല്യകാലത്ത് തന്നെ വേദാധ്യയനം ചെയ്ത് ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ച ആളായത് കൊണ്ട് പൂർവ്വ സംസ്കാരം കൊണ്ട് നജീകേസിൽ ശ്രദ്ധയുണ്ടായി തന്റെ പിതാവ് ചെയ്യുന്ന യാഗം അപൂർണമാണ് എന്തുകൊണ്ടാണ് ഉപയോഗശൂന്യമായ വസ്തുക്കളെ ദാനം ചെയ്യുന്നു ദാനം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഉപയോഗത്തിന് വേണ്ടി തന്റെ സ്വന്തമായ വസ്തുക്കളെല്ലാം ദാനം ചെയ്യുന്നതാണ് കൊടുക്കുന്നതാണ് അത് ഉപയോഗശൂന്യമായ വസ്തുക്കളെ കൊടുത്താൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗമില്ലാതെയാകും യാഗത്തിൽ വൈപുണ്യം സംഭവിക്കും അത് അപൂർണമായി പോകും ഫലമുണ്ടാകത്തില്ല ചിലപ്പോൾ വിപരീത ഫലമുണ്ടാകും പിതാവിന് നരകമായിരിക്കും ഈ യാഗം കൊണ്ട് കിട്ടുന്നത് എന്നെല്ലാം ചിന്തിച്ചിട്ട് പിതാവിന്റെ അടുത്ത് ചെന്നു അപ്പൊ പിതാവ് തന്റെ നല്ല സമ്പത്തെല്ലാം പുത്രനു വേണ്ടി മാറ്റിവെച്ചിരിക്കും അതുകൊണ്ട് ബുദ്ധിമാനായ പുത്രൻ പിതാവിനോട് ചോദിച്ച് എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത് തന്നെ ദാനം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി മാറ്റിവെച്ച സമ്പത്തെല്ലാം ദാനം ചെയ്യപ്പെടും അപ്പൊ ദോഷത്തിൽ നിന്നും മുക്തനായിത്തീരും ആ ഒരു സങ്കല്പത്തിലാണ് ചോദിച്ചത് പക്ഷെ പിതാവിനെ അത് പിന്തുണനാക്കി പുത്രധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പിതാവിനെ നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് നജീരസാവശ്യപ്പെട്ടത് പക്ഷെ പിതാവ് പിതനായി നജീരസിന് യമന് കൊടുക്കും കാലന് കൊടുക്കും ദേഷ്യം കൊണ്ട് പറഞ്ഞു പിതാവിന്റെ ആ വാക്യത്തെ സഫലമാക്കുന്നതിന് വേണ്ടി മൃത്യുവേത്വ ദദാമി മൃത്യുവിന് നില നൽകുന്നു എന്ന് പറഞ്ഞ് ആ വാക്യത്തെ അർത്ഥവദാക്കുന്നതിന് വേണ്ടി നജീസ് യമലോകത്തിലെത്തിച്ചേർന്നു എന്നാണ് അടുത്ത് ശ്രുതി പറയുന്നത് അവിടെ യമദേവൻ ഉണ്ടായിരുന്നില്ല നജീയേസ് അവിടെ മൂന്ന് രാത്രി കാത്തിരുന്നു അത് കഴിഞ്ഞ് യമദേവൻ എത്തിച്ചേർന്നു എത്തിച്ചേർന്നപ്പോ യമദേവനോട് മറ്റാരോ പറയുന്നതാണ് ഇവിടെ ഏഴാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് അഗ്നി പോലെ സർവവും ദ്രഹിപ്പിക്കുന്ന അഗ്നിയെ പോലെ ഒരു ബ്രഹ്മചാരി നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നിരിക്കുന്നു അയാളെ അർഹ്യ പദ്ധ്യാദികൾ നൽകി പൂജിക്കണം അഗ്നി എങ്ങനെയാണോ ജനങ്ങളുടെ ശാന്തമാക്കുന്നത് പോലെ അയാൾ മൂന്ന് ദിവസം അങ്ങനെ കാണാതെ അക്ഷമനായി ഇവിടെ ഇരുന്നതാണ് കോപിഷ്ണനാണെങ്കിൽ ആ കോപത്തെ ശമിപ്പിക്കണം എന്ന് പറഞ്ഞു അതിനെ തുടർന്നുള്ള ഭാഗം കൊണ്ട് അടുത്തു പറയുന്നത് ആശ പ്രതീക്ഷേ സംഗതം സൂനദാം ചാപൂർത്തി പുത്ര പശുചാൻ ്രേ പുരുഷസമേധസോ തിസ്രോ രാത്രി അനശനൻ ബ്രഹ്മൻ അതിഥർന്ന നമസ്തേസ് ബ്രഹ്മണ്വസ്തി അത് തദ്തൃന് വരാൻ വൃണ്വസംഗൽപ്പമന യഥാ സാദമന് ഗൗതമോ മാഭിമൃത്യോ ഷ്ടിവേത് പ്രതീത എതം പ്രഥമം വരം വൃണേവിതീത ഔദ്ദിരരുനിർമ്രസ്ടുഖം രാത്രി ശൈതാവീതമന്യു ൃശിവാൻ മൃത്യു മുഖാമുക്തം സ്വർഗേ ലോക ന്നരയാർവാശനയാസെ ശോകാതികോ മോദത്തെ സ്വർഗലോകം സ്വർഗിമധ്യേഷി മൃത്യോ പ്രബ്രോഹിം ശ്രദ്ധാന മഹ്യം സ്വർഗലോകൃതം ഭജന്തിയണേവരെണ പ്രേബ്രവീമി തതു മേ നിബോധ സ്വർഗിം അഗ്നിം നചിക്കേത പ്രജാനൻ ോകാതിഥോ പ്രതിഷാ വിധി ത്വേം നിഹിതം ഗുഹ ലോകാതിമനി ഉമൈ യാ ഇഷ്ടാവതിർ യഥ സാദയോ അഥാ മൃത്യുപുനരേവാഹതുവീത് പ്രീയമാണോ മഹാത്മാ വരം തേഹാദ്യ ദൂയ തനി ശൃാ ചേമാനേകൂപൃ ീത്തേമാൻ ശാന്തേതിയേത വി ചിന് സമൃത്യുപാശാൻപുരപ്രണോദയാകോ മോദത്തെ വരെണ മൂന്ന് രാത്രി നജികേതസ് യമദേവനെ പ്രതീക്ഷിച്ചിരുന്നതിന് ഇരുന്നതുകൊണ്ട് മൂന്ന് വരം ആവശ്യപ്പെടാനാണ് യമദേവൻ നജികേസിനോട് പറഞ്ഞത് ആദ്യം തന്റെ പിതാവിന്റെ സ്വസ്ഥത ശാന്തി സന്തോഷം അതാണ് വരമായിട്ട് പുത്തണമെന്നുള്ള നനയ്ക്കുന്ന ജീവിത ആവശ്യപ്പെട്ടത് താൻ തിരിച്ചു തന്നാൽ തന്നെ തിരിച്ചറിയണം സന്തോഷത്തോടെ സ്വീകരിക്കണം കാരണം യമലോകത്തിലേക്ക് പോയയാൾ പ്രേതമായിട്ട് തിരിച്ചു വരും അങ്ങനെ പ്രേതമൊന്നു കണ്ട് ഭയപ്പെടരുത് ആ യമദേവൻ നൽകി അടുത്ത് അഗ്നിവിദ്യ സ്വർഗ ലോകത്തിന് ഗൃഹസ്ഥന്മാർക്ക് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി അനുഷ്ഠിക്കേണ്ട അഗ്നിവിദ്യ യാഗം അത് ഒരു കർമ്മ ഉപാസന സമുച്ചയമാണ് അതാണ് ആവശ്യപ്പെട്ടത് അതും ഉപദേശിച്ചു ഒരു തവണ തന്നെ ്രഹിച്ച് തിരിച്ചു പറഞ്ഞത് കൊണ്ട് അതിന് സന്തോഷിച്ച് ഒരു ശൃംഗം ഒരു ഹാരത്തെ ഒരു മാലയെ കൂടി യമദേവൻ അധികമായി കൊടുത്തു എന്നാണ് ആ മാല എന്ന് പറയുന്നത് ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് വെറും മാലയല്ല അതൊരു ഉപാസന പദ്ധതിയായിരിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ മാല എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്നാണ് അതിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷമാണ് നദികേസ് തനിക്കാവശ്യമായ വരൻ ചോദിക്കുന്നത് ആദ്യത്തേത് തന്റെ പിതാവിന് വേണ്ടി ചോദിച്ചു അത് മറ്റുള്ളവർക്ക് വേണ്ടി അവള് ചോദിച്ചു അത് കഴിഞ്ഞ് ആത്മവിദ്യയെ വേണ്ടി അതിന് അടുത്ത അത് ഒടുവിനാണ് ചോദിക്കുന്നത് അതാണ് ഇരുപതാമത്തെ മന്ത്രം വിദിഷ്ടരാണമേ വരസ്തൃതീയിത്സിതം പുരാ वरं നേയമണുരേഷധ്യേസോ വർഷവ മാമോപരോസീലതിമാസൃജനം ദിവേദ്രാ വിചിക്സിതം കിത ൃത്യോയെന്നുവിജ്ഞേയ വക്താശ്യത്തോദൃഗന്യോ നോ നോ വരസ്തുല് पशुन हस्ति പശൂൻ ഹസ്തിരണ്യമ്വാൻ ഭൂമേർമ്മഹദായം വൃീഷവ സ്വഞ്ച ജീവശരോ യാവതി മന്സേ വരം വനിഷ വിത്തും ചിരജീവികാഭൂമൗ നജകേതസ്വമേധി കാം കാമഭാജം കൂമി േ കാ ദുർഭാമർകർ കാൻ ഛന്ദത പ്രാർത്ഥയസ്വമാരാമ ശരൂരിശാ ലംഭനീയാ മനുഷ്യൈ ആധർമ്മദ്ര പരിചാരയസ്വ നചിേത്തോ മരണമാനുപ്രാക്ഷീ ശോഭാമർ യേന്ദ്രി ജരയസം ജീവിതമല്പമേ തവൈ മാഹനൃത്യഗീത വിന തർയോ മനുഷ്യോ ലമഹേ വിത്ത ചേ ജീഷ്യമോ യം മരസ്തു മേ മരണീയസേജ്യതമൃതേറ്റ യനി മഹതി ബ്രൂഹണസ്ത അടുത്തു ചോദിക്കുന്നത് ആത്മതത്വത്തെ കുറിച്ചാണ് പ്രധാനപരമായി ചോദിക്കുന്നത് ഇവിടെ തുടക്കത്തിൽ തന്നെ ശ്രുതി മനസ്സിലാക്കി ആത്മ തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസ് അറിയാൻ ആഗ്രഹിക്കുന്നു അവന് പ്രഥമമായി വേണ്ട യോഗ്യത ശ്രദ്ധ എന്നുള്ളതാണ് ആദ്യം നജീസിനുണ്ടായ ശ്രദ്ധ ധർമാധർമ്മത്തിലുള്ള ശ്രദ്ധയാണ് പുണ്യപാപങ്ങളിലുള്ള ശ്രദ്ധർമാധർമ്മ ശ്രദ്ധ അതുകൊണ്ടാണ് പിതാവ് അനുഷ്ഠിക്കുന്നത് അധർമ്മമാണ് അത് പിതാവിന് നരകാനുഭവത്തെ ഉണ്ടാക്കും എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞത് ധർമാധർമ്മം എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തിലുള്ള മനുഷ്യനും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് ആധ്യാത്മികമായ ജിജ്ഞാസ ഇല്ലെങ്കിൽ കൂടിയും സാധാരണ മനുഷ്യനും ധർമ്മധർമ്മ വിചാരത്തോടു കൂടി വേണം ജീവിക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ധർമ്മവിചാരം അത് കഴിഞ്ഞ് ബ്രഹ്മവിചാരം വേദത്തിൽ അത് രണ്ട് ക്രമമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് ക്രമസമുച്ചയെന്നു പറയും ആദ്യം ധർമ്മവിചാരം പിന്നീട് ബ്രഹ്മവിചാരം ധർമ്മവിചാരം എന്ന് പറയുമ്പോൾ പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള വിചാരം ഏത് തരത്തിലുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാലാണ് പുണ്യം ഉണ്ടാകുന്നത് ഏതു തരത്തിലുള്ള ധർമ്മമനുഷ്ഠിച്ചാലാണ് പാപമുണ്ടാകുന്നത് അധാതു ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞ് ജൈമിനി മഹർഷി ധർമ്മവിചാരത്തിൽ തുടങ്ങിയിരിക്കുന്നതാണ് ഒരു മനുഷ്യന് പ്രഥമമായി വേണ്ടത് ധർമ്മവിചാരമാണ് അത് കഴിഞ്ഞ് ്രഹ്മവിചാരത്തിനവൻ അർഹനാകുന്നുള്ളു യോഗ്യനാവുന്നുള്ളു അത് ആദ്യം തന്നെ സൂചിപ്പിച്ചു നിർദ്ദേശം വേദാധ്യയനം ധർമ്മവിചാരം ബ്രഹ്മവിചാരം അതാണ് സനാതനമായ ആർഷ ജീവിത ക്രമം തന്നെ അതാണ് ആദ്യം വേദാധ്യയനം ചെയ്യുക പിന്നെ ധർമ്മവിചാരം അതിൽ നിന്ന് ബ്രഹ്മവിചാരത്തിലേക്ക് കിടക്കുക ബ്രഹ്മചര്യം ം സന്യാസം അതും ഇതിനെ സൂചിപ്പിക്കുകയാണ് സാധാരണ മനുഷ്യന്റെ ജീവിതക്രമം അങ്ങനെയായിരുന്നു അപ്പോൾ ആദ്യം ധർമാധർമ്മ ചിന്തയുണ്ടായി അപ്പോ പിതാവിന്റെ അധർമ്മത്തെ കുറിച്ച് ബോധവാനായി അതിന് ആശ്രയമായിരിക്കുന്നത് അടിസ്ഥാനപരമായിരിക്കുന്നത് ഈ രണ്ടു വിചാരങ്ങൾക്കും ഏറ്റവും അതിൽ പ്രഥമമായി പരിഗണിക്കേണ്ടത് ഒരുവന്റെ ശ്രദ്ധേയ ശ്രദ്ധ എന്ന് പറയുമ്പോൾ അവൻ്റെ ആന്തരികമായ വിവേകം ഉണർവ് ജാഗ്രത അതാണ് പ്രഥമമായി വരേണ്ടത് ധർമ്മത്തെ കണ്ടാലത് ധർമ്മമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം അധർമ്മത്തെ കണ്ടാലും അത് തിരിച്ചറിയാൻ കഴിയണം അതിനെങ്കിൽ ധർമാധർമ്മങ്ങൾ കണ്ടു മുമ്പിൽ വന്നാലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല ആ തിരിച്ചറിയുന്നതിന് വേണ്ട ആന്തരികമായ ജാഗ്രത ഉണർവ് അല്ലെങ്കിൽ വിവേകം അതാണ് ശ്രദ്ധ അശ്രദ്ധ അവിവേശ അശ്രദ്ധ ഉണർന്നു എന്നാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ആ വിവേകം ഉള്ളിൽ ഉണ്ടായി നവീകരിച്ചത് ഇത് അധർമ്മമാണല്ലോ ചെയ്യുന്നത് ഇത് പാപത്തെ പാപഫലത്തെ ഉണ്ടാക്കുന്നതാണല്ലോ നരക അനുഭവം ഉണ്ടാകുന്നതും ആണല്ലോ എന്നുള്ള ചിന്ത അതാണ് ശ്രദ്ധ ആ ഉണ്ടായി എന്നാണ് അതാണ് പ്രാഥമികമായി ഉണ്ടായത് ആ പിന്നീട് ആത്മതത്വ ജിജ്ഞാസയിലേക്ക് നയിച്ചത് അപ്പൊ യുടെ ഫലമായിട്ടുണ്ടാകുന്ന എന്താണ് ശ്രദ്ധയിൽ നിന്നുണ്ടാകുന്നത് അടുത്ത അനുഷ്ഠാനം ഏതു വിഷയത്തിലാണോ ശ്രദ്ധയുണ്ടാകുന്നത് ആ ശ്രദ്ധയുടെ ഫലമായി ആ വിഷയത്തിലുള്ള സമയ അനുഷ്ഠാനം അതുണ്ടാവും നയ്യസിനതുണ്ടായി ആദ്യം പുണ്യഭാവത്തെക്കുറിച്ച് ചിന്തയുണ്ടായി തന്റെ ചിന്തക്കനുസരിച്ച് താൻ പ്രവർത്തിച്ചു അതാണ് യമലോകത്തിലെത്തിച്ചേർന്നു എന്ന് പറയുന്നത് പിതാവ് ചെയ്യുന്നത് പാപമാണെന്നുള്ള ബോധമുണ്ടാകുക മാത്രമല്ല ആ പാപത്തിൽ നിന്ന് പിതാവിനെ മോചിപ്പിക്കുന്നതിന് ഉള്ള പ്രവൃത്തി അതടുത്തുണ്ടായി ശ്രദ്ധയാണ് ഗുരുവനെ സത്പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് ആ ശ്രദ്ധയിൽ നിന്ന് ആ വിവേകത്തിൽ നിന്നും ധർമാനുഷ്ഠാനത്തിലേക്ക് തിരിഞ്ഞു പക്ഷെ അത് അവസാനിക്കുന്നില്ല വീണ്ടും അവിടെ ആ പുണ്യാചരണത്തിലൂടെ ധർമാനുഷ്ഠാനം എന്ന് പറയുന്ന പുണ്യാചരണം അല്ലെങ്കിൽ സദാചാരനിഷ്ഠ ശ്രദ്ധയിൽ നിന്നും സദാചാരനിഷ്ഠയുണ്ടാകുന്നു അതിൽ നിന്നും ആ ശ്രദ്ധ പ്രരൂഢമാകുന്നു വളർന്നു പക്വതയെത്തുന്നു അപ്പോഴത് ആത്മവിഷയത്തിലുള്ള ശ്രദ്ധയായി മാറുന്നു ആത്മവിഷയത്തിൽ ഷയത്തിലുള്ള വിവേകം അറിവായി മാറുന്നത് ഇതിനാണ് നമ്മൾ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിനുള്ള വിശ്വാസമാണ് ശ്രദ്ധ നമ്മൾ പറയുന്നത് ഇത് തന്നെ വിശ്വാസം എന്ന് പറയുമ്പോൾ ആദ്യ ശാസ്ത്രം എന്താണെന്ന് അറിയണം എന്നാൽ ശാസ്ത്രത്തിൽ വിശ്വാസം വരും ശാസ്ത്രത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് ശാസ്ത്രം എന്തെന്നവനെ വരും അപ്പോ അത് ബ്രഹ്മചര്യത്തിൽ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നു താല്പര്യത്തെ മനസ്സിലാക്കുന്നു അതിൽ പറയുന്ന ഇഹലോക പരലോക വിഷയങ്ങളെ പറയുന്ന കാര്യങ്ങളിലും ആത്മവിഷയമായി പറയുന്ന കാര്യങ്ങളിലുമെല്ലാം അയാൾക്ക് വിവേകമുണ്ടാവുന്നു നിശ്ചയം ഉണ്ടാകുന്നു പാപകർമ്മത്തിന്റെ ഫലം പാപമാണ് പുണ്യകർമ്മത്തിന്റെ ഫലം പുണ്യമാണ് ആത്മാവിൻ്റെ സ്വരൂപം എന്നതാണ് മുക്തിയുടെ സ്വരൂപം എന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ അറിവുണ്ടാവും നിശ്ചയം ഉണ്ടാകും എന്നാൽ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലും അന്ധമായി അതാണ് അംഗീകരിക്കുന്നതല്ല മറിച്ച് വിവേകപൂർവകമായ നിശ്ചയം അതാണ് ശ്രദ്ധ ആ ശ്രദ്ധ നജീകേസിൽ ഉണ്ടായി ഉണ്ടായതുകൊണ്ടാണ് യമലോകത്തിലേക്ക് പോകാൻ അപ്പം അറിവിനുസരിച്ച് അനുഷ്ഠിക്കുക അതിനനുസരിച്ച് നയീസ് പ്രവർത്തിച്ചു അങ്ങനെയാണ് ഒരു സദ്ഗുരുവിന്റെ പ്രാപ്തി ഉണ്ടായത് യമദേവന് ഗുരുപസ്യ ഗുരുപ്രാപ്തി ഉണ്ടായി ആ ഗുരു പ്രാപ്തിക്ക് കാരണമായതെന്താണ് എന്റെ ശ്രദ്ധയാണ് ഞാൻ ആ ഗുരുപ്രാപ്തിയിൽ നിന്നുണ്ടാകേണ്ടത് എന്താണ് ആത്മവിദ്യാലാഭം അതിനും കാരണമായിരിക്ക ശ്രദ്ധയാണ് അവിടെ തുടരുന്നു അത് കാണിക്കുന്നതിനാണ് അടുത്ത ഈ പ്രഥമവല്ലിയുടെ ഉത്തരഭാഗം ശ്രുതി പറയുന്നത് കാരണം നജികേസ് വളരെ ശ്രദ്ധാനായി ഇരുന്നിട്ടുകൂടി ഏറ്റവും ദിവ്യനായ യമദേവനെപ്പോലെ ഉള്ള ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എത്തിയിട്ട് കൂടി ഇവിടെ നജികേസിന് നേരിടേണ്ടി വന്നത് വളരെയധികം പ്രലോഭനങ്ങളെയാണ് ശ്രദ്ധയെ നശിപ്പിക്കുന്ന തന്നെ തന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന പ്രലോഭനങ്ങളാണ് അവിടെ ഉണ്ടായത് ഇത് ശ്രദ്ധാവാനായ ഒരുവന് ഗുരു സന്നിധിയിൽ അല്ലെങ്കിൽ ആത്മവിദ്യാപ്രാപ്തിയിൽ ഉണ്ടാകുന്ന കഠിനമായ പരീക്ഷണങ്ങൾ അതിനെ നരികേസ് അതിജീവിക്കുന്നതായിട്ടാണ് അടുത്ത് കാണിക്കുന്നത് അപ്പൊ ശ്രദ്ധാവാനായ ഒരുവന് പോലും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും അതിനെ അതിജീവിക്കുക ഏറെക്കുറെ വിഷമമാണ് അസാധ്യമാണ് എന്നാൽ അത്യന്തം ശ്രദ്ധാവാൻമാരായ ജിജ്ഞാസകൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഭാഗമാണ് അടുത്ത് സൂചിപ്പിക്കുന്നത് ആത്മവിദ്യയെ ഉപദേശിക്കുന്നതിന് പകരം ആത്മവിദ്യയുടെ അതിനെ ഗ്രഹിക്കുന്നതിനുള്ള വൈഷമ്യങ്ങളെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും മറിച്ച് അതിൽ നിന്ന് അകറ്റുന്ന പ്രലോഭനങ്ങളെ മുന്നിൽ നിരത്തുകയുമാണ് നിയമദൈവം ചെയ്യുന്നത് കാരണം ശിഷ്യന്റെ യോഗ്യതയെ പരീക്ഷിക്കുന്നത് ഇതിന് അധികാരിയാണോ ഇയാൾ പ്രാപ്തനാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പരീക്ഷണത്തിൽ നജികേസ് വിജയിച്ചു അതിന് കാരണം എന്താണ് അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു വിവേകം ദൃഢമായ വിവേകം സന്മാർഗം ഇന്നതാണ് എന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ ഉറച്ചു നിൽക്കുക തനിക്ക് എന്താണ് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നീക്കുക ആ ദൃഢമായ നിശ്ചയങ്ങളിൽ ഉണ്ടെങ്കിലേ പറ്റും കാരണം പ്രവൃത്തിക്ക് എപ്പോഴും പ്രവൃത്തിക്ക് പ്രേരകമായിരിക്കുന്നത് അതിന് കാരണമായിരിക്കുന്നു മുഖ്യമായ കാരണമായിരിക്കുന്നു മനുഷ്യന്റെ അറിവാണ് അറിവനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു സന്മാർഗത്തെക്കുറിച്ച് ബോധമുള്ളവനും ദുർമാർഗത്തിൽ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് സന്മാർഗത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിലും അവൻ്റെ ദൃഢമായ നിശ്ചയം ദുർമാർഗത്തിലാണ് അവന്റെ വിവേകം ചെന്ന് നിൽക്കുന്നത് ദുർമാർഗത്തിലാണ് അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്നത് സന്മാർഗത്തിൽ നിന്ന് വിട്ടുപോകും എന്ന് വെച്ചാൽ അവന്റെ ശ്രദ്ധ ദുർമാർഗത്തിലാണ് അപ്പോൾ അതിലേ പ്രവർത്തിക്കത്തുള്ളൂ നൈകേഷനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ സന്മാർഗത്തിലാണ് ആത്യന്തികമായി ആത്മവിദ്യയിലാണ് ആ ശ്രദ്ധ ദൃഢമായിരിക്കുന്നത് വിവേകം ആ നിശ്ചയം ഉറച്ചിരിക്കുന്നു അത് വെറും ഒരു കേവല വിശ്വാസം അല്ലാതെ മാറിക്കും അപ്പൊ ശരിയായ വിവേകമായതുകൊണ്ട് ഇവിടെ എന്തെല്ലാം പ്രലോഭനങ്ങൾ യമദേവൻ നജീകേസിന് കൊടുത്തു ആ പ്രയോജനങ്ങൾ ആ അതിനെല്ലാത്തിനും നജീസ് വളരെ നിസ്സാരമെന്ന് മനസ്സിലാക്കി തള്ളിക്കളങ്ങ നജയേശന് വ്യക്തമായ ബോധമുണ്ടായിരുന്നു അജീര്യതാം അമൃതാനാം ഉപേദ്യ അങ്ങനെ ഒരു സദ്ഗുരു ലാഭമുണ്ടായാൽ മൃതന്മാരായ മുക്തന്മാരായ ഗുരുക്കന്മാരെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് തുച്ഛങ്ങളായ കാര്യങ്ങളിൽ ഒരിക്കലും ഭ്രമിക്കരുത് മായാമയമായിരിക്കുന്ന പ്രപഞ്ചകാര്യങ്ങളിൽ ഭ്രമിച്ചു പോകരുത് ഭ്രമിച്ച് മാർഗത്തെയും ലക്ഷ്യത്തെയും വിസ്മരിക്കരുത് കാരണം മായയുടെ ശക്തി അത്ര വലുതാണ് സാധകന്മാരെ എല്ലാം അത് വരച്ചു കളയുന്നു അവരുടെ ശ്രദ്ധയെ നശിപ്പിച്ചു കളയുന്നു അവര് മാർഗത്തെ വിസ്മരിക്കുന്നു ലക്ഷ്യത്തെ മറക്കുന്നു വ്യതിരിച്ചു പോകുന്നു അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല എന്ന് നയിസ് സ്വയം പറയുകയാണ് അതുകൊണ്ട് പറയുന്നു നാണ്യം തസ്മ നചികേത വർണ്ണീത ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് എന്താണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് അതിനപ്പുറം മറ്റു യാതൊന്നും തന്നെ ആവശ്യമില്ല സ്വീകരിക്കുന്നില്ല എന്ന് വളരെ ദൃഢമായി പറയുമ്പോൾ അടുത്ത് യമദേവൻ ക്രമമായിട്ട് ആത്മവിദ്യ ഉപദേശിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ വല്ലയിൽ നിന്ന് ശ്രുതി ഒരു ആത്മീയ സാധകനെ ബോധിപ്പിക്കുന്നതിനാണ് നിരന്തരമായ ശ്രദ്ധ വിവേകം അത് അതൊന്നു മാത്രമാണ് ഒരുവനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് അതുകൊണ്ട് അത് കൈമുതലായുള്ള ഗുരുവിന് മാത്രമേ ഈ മാർഗത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ അത് എവിടെ ആയാലും എത്ര ദിവ്യമായ ഒരു ഗുരുവിന്റെ സന്നിധിയിലായാലും അവന്റെ കൈമുതലായി ഇരിക്കേണ്ട ഈ സാധനം ഇല്ലായെന്നുണ്ടെങ്കിൽ പതിച്ചു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യമദേവന്റെ മുമ്പിൽ ചെന്നിട്ട് പോലും അവിടെ നജികേസിന് കിട്ടിയത് കലോഭനങ്ങളാണ് വഴിതെറ്റിക്കുന്ന കല്ലോഭനങ്ങളാണ് കിട്ടിയത് നജികേസ് വഴിതെറ്റിയില്ല നജികേസുമാർ വളരെ ദുർലഭമാണ് അത് ഓർമ്മിക്കുകയാണ് ഗ്രാശപതി അടുത്ത യമദേവന് ഉപദേശിക്കുന്നു അടുത്ത വലിയ ശ്രേയോ അന്യ ദുദൈവ പ്രേയഹ തയോദ സാദുർഭവതിയർത്തെ ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യ തൗ സംവരീവിനധീര മന്ദോ യോഗേമാൻ പ്രിശാമാൻിേതുക്ഷീണ വി മയീം അവാ യം മജ്ജന്തിഷ്യൂരീ അവിദ്യേതി ജാത വിദ്യഭീനം कामा മഞ്ഞേ നഹോ അലോലുപന്ത ഇവിടെ പറയുന്നത് മനുഷ്യന്റെ മുമ്പിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അവന്റെ മുമ്പിൽ വരുന്നത് ശ്രേയസും എല്ലാം വരുന്നു മോക്ഷവും അവന്റെ മുമ്പിൽ വരുന്നു അവന്റെ ജീവിത ലക്ഷ്യമായി രണ്ടിലേകം സ്വീകരിക്കുക ഒന്നുകിൽ ഭൗതികമായി ഇവിടെ ഭൗതിക വൈദികമായി പറയുമ്പോൾ അത് ഹിരണ്യഗർഭലോകപ്രാപ്തി വരെയുള്ളത് ലൗകികമായ ഇഹലോകത്തിലെ നമ്മുടെ പറയും പശു പുത്രൻ ഹിരണ്യം അതായത് സ്വർണം തുടങ്ങിയതെല്ലാം വിത്തം ഇതെന്നെ ഇവിടുത്തെ പ്രേയസുകളാണ് ശ്രേയസ് എന്ന് പറയുന്നത് ഇതുപോലെ പരലോകത്തിലുള്ള പ്രേയസാണ് സ്വർഗലോകം ഹിരണ്യഗർഭലോകം വരെയുള്ള ലോകങ്ങൾ അതാത് ലോകങ്ങളിലുള്ള ഫലങ്ങൾ പദവികൾ ഇതെല്ലാം വിവേകപൂർവം തിരിച്ചറിഞ്ഞ് ധീരൻ പറയുന്നു വിവേകമുള്ളവൻ ശ്രദ്ധയുള്ളവൻ അവൻ ഇതിനെ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുന്നു മന്ദന്മാരാണെങ്കിലോ അവരിതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല അവർ വേണ്ടി അവരുടെ മുമ്പിൽ എന്ത് വരുന്നു മനസ്വീകരിക്കുന്നു വാസനക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു ആവശ്യമുണ്ട് സഹജമായ ജീവിതത്തിന് ശ്രദ്ധ ആവശ്യമില്ലാത്തതാണ് അവിടെ ശ്രദ്ധ നിഷ്പ്രയോജനമാണ് അതുകൊണ്ട് ധീരൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ളവൻ അവനേതിൽ ശ്രേയസ്സിനെ സ്വീകരിക്കുന്നു അവന് ക്ഷേമമുണ്ടാകുന്നു എന്നാണ് കോട്ട ഹേമദേവൻ എന്ന ഗീവനോട് പറയുന്നു നീ നിന്റെ മുമ്പിൽ ഇത് എല്ലാ കാമ്യ വസ്തുക്കളെയും കാമങ്ങളെയും വിവേകപൂർവം ത്യജിച്ചു പറയുന്നു ഞാൻ തന്ന ശൃംഗാം വിത്തമയ്യായ ആ മാലയെപ്പോലും കർമ്മ ഉപാസനാ പദ്ധതിയെപ്പോലും ഉപേക്ഷിച്ചു എന്നാണ് എന്നുവെച്ചാൽ സ്വർഗ ഫലത്തെ അല്ലെങ്കിൽ സ്വർഗത്തിനുപരിയായ ഫലങ്ങളെ ഉണ്ടാക്കുന്ന കർമ്മ കൂടി ഉപേക്ഷിച്ചു പറയുന്നു ഭൂരിപക്ഷം പേരും ഇതിൽ മുഴുകിപ്പോകുന്നവരാണ് എന്തെങ്കിലും ലാഭത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് കർമ്മ ഉപാസനകളെല്ലാം മുഴുകുന്നത് അതും നീ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് നിനക്ക് തിരിച്ചറിയാൻ കഴിയും എന്താണ് വിദ്യ എന്താണ് അവിദ്യ എന്നുള്ളത് അത് കാമത്തെ സന്മാർഗത്തിൽ നിന്നും വ്യതിചരിപ്പിക്കുന്ന കാമത്തെ നീ പൂർണമായും ത്യജിച്ചതുകൊണ്ട് നീ വിദ്യു യോഗ്യനാണ് അതുകൊണ്ട് നിനക്ക് വിദ്യ ഉപദേശിക്കാം അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അവിദ്യയാം അന്തരെ വർത്തമാന സ്വയം ധീരാ പണ്ഡിതം മന്യമാന ദ്രമ്യമാണ പരിയന്തിമൂഢാ അന്ധേനീയമാന യഥാതാ നാംബരാതിഭാതിബാളം വിമോഹേന മൂഢം അയം ലോകോസ്തി പരയിനശം ആപത്യേ മേ ശ്രവണമെ ബഹുഭര്യോഭ്യന്തോയം നു ആശ്ചര്യോ വക്തലോസോ ജാതകുശലുശിഷ്ടവരെണ പ്രോക്തേഷവിജ്ഞേയോ ബഹുധ ചിന്യമാന പ്രോക്തത്ര അണീയാ ഹ്യതണു പ്രത്ൈഷാ തർക്കതിരാവവനേയാ പ്രോക്തജ്ഞാഠ ആപ സത്യദി ത്യാധർമ്മോ ഭൂയാന്നചികേത പൃ ഹംസേവധിരിനിധ്രുവ്യത്തെ ധ്രുവ മയാദഗ്നി അനിത്ദ്രവ്യൈ പ്രാതൃത്യം കാമസം ജഗദപ്രതിഷാ കൂരനന് അഭയസ്യ പാരം തോമം മഹദുരു ഗാ പ്രതിഷാ ദൃഷ്ട്വാൃതധീരോ നജിഗതോത്യസ്രാക്ഷീ തം ദുർദർശം ഗൂഢമുപ്രവിഷ്ടുഹാഹിതം ഗുഃ പുരേം പുരാണം അധ്യാത്മയോധിഗമീന ദം മ ധീരോ ഹർശോകോ ജതി ഏതശ്രുവാരിഗ്രഹ്യമർ പ്രവൃ്യധർമ്മ്യം അണുമേദമപ്യ മോദത്തെ മോദനീയം ഹി ലബ്വാതം സത് നചിതസംന്യേ മുൻ ആത്മവിദ്യയുടെ പ്രാപ്തിക്കുള്ള സവിശേഷതകളെക്കുറിച്ച് പറയുകയാണ് ഇത് ശരിയായ യോഗ്യത സമ്പാദിക്കാത്ത ഒരുവന് കേവലമായ ശാസ്ത്രപാഠ്യം കൊണ്ട് നേടാവുന്നതല്ല ആന്തരികമായ ശുദ്ധി കൈവരിക്കാതെ ബാഹ്യമായ ശബ്ദാർത്ഥജ്ഞാനം കൊണ്ട് മാത്രം ഇതൊരിക്കലും പ്രാപിക്കാൻ നേടാൻ സാധ്യമല്ല വിത്തമോഹം കൊണ്ട് മൂഢനായിരിക്കുന്നവനത് നേടാൻ കഴിയത്തില്ല നാസ്തികന് ഇതൊരിക്കലും പ്രാപിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ഈ ആത്മവിദ്യ സുദുർലഭമാണ് കേൾക്കുന്നതിന് പോലും അവസരം ലഭിക്കുന്നില്ല കേട്ടാൽ തന്നെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല വ്യക്തമായി ഇത് ബോധിപ്പിക്കാൻ കഴിയുള്ളവർ ദുർലഭമാണ് വ്യക്തമായി ധരിക്കാൻ കഴിയുള്ളവർ ദുർലഭമാണ് അതുകൊണ്ടിത് വിപുലമായി പ്രചരിച്ചിട്ടുള്ള ഒന്നല്ല എന്നാണ് ശരിയായി ധരിക്കാത്ത ഉപദേശിച്ചാലിത് ഗ്രഹിക്കാൻ കഴിയത്തില്ല ശ്രവിച്ചാലും പലതരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും സത്യം പിടികിട്ടുന്നത് ആയാസകരമാണ് ആത്യന്തികമായി ആത്മനിഷ്ഠമായി ഇതിനെ ഗ്രഹിക്കണം ആത്മാവിനെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അന്തർമുഖമായി ഈ തത്വത്തെ ഉള്ളിൽ പ്രകാശിക്കണം വേറൊരു മുഖമായി ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്നാണ് യുക്തി വിചാരം കൊണ്ട് ബുദ്ധി സാമർഥ്യം കൊണ്ട് ഗ്രഹിക്കാവുന്ന വിഷയജ്ഞാനം പോലെ ഒന്നല്ല ഇത് മയസനോട് ഹൈവൻ പറയുന്നത് ഇതിനെ ഗ്രഹിക്കുന്നതിന് നീ സർവഥാ യോഗ്യനാണ് കാരണം ഇതിനെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഭൗതികമായ ബുദ്ധി സാമർഥ്യം ഗ്രഹണപ്പെടുത്തും വിഷയങ്ങൾ എന്നുള്ള ധാരണാശക്തി ഇതൊന്നുമല്ല ഇതൊന്നും യാതൊന്നും വിദ്യക്ക് ഉതകുന്നതല്ല സത്യദ്രാസിനാണ് സത്യനിഷ്ഠ പോലെയുള്ള സദ്ഗുണങ്ങളാണ് ഈ വിദ്യ പാത്രമാക്കുന്നത് അതെല്ലാം നിന്നിലുണ്ട് അതുകൊണ്ട് എന്താണ് നീ ഇതിനെ പ്രാപിക്കാൻ യോഗ്യനാണ് ഇതിനെ പ്രാപിക്കുന്ന വഴി അവസാനം യമതം പറയുന്നത് എന്താണ് അധ്യാത്മ യോഗ അധികമേന അധ്യാത്മ യോഗപ്രാപ്തിയിലൂടെ ആത്മയോഗപ്രാപ്തിയിലൂടെ നിന്നടി തന്നെയുള്ള യോഗം ആ യോഗത്തെ നീ പ്രാപിക്കുന്നതിലൂടെ ഈ ആത്മലാഭം ഉണ്ടാകുന്നു ദ്വന്ദ് നിന്ന് നീ മുക്തനായിത്തീരുന്നു എന്നാണ് ആത്മനിഷ്ഠമായ യോഗം എന്ന് പറയുന്നത് എന്താണ് ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പിറകെ പോയി വിഷയങ്ങൾ ഭ്രമിക്കാതെ സർവകർണങ്ങളെയും ഈശ്വരോന്മുഖമാക്കുക ആത്മാഭിമുഖമാക്കുക അതാണ് അധ്യാത്മയോഗം എന്ന് പറയുന്നത് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആധ്യാത്മയോഗത്തെ നേടുക സർവകർണങ്ങളും ആത്മാഭിമുഖമാകുന്ന അല്ലെങ്കിൽ സർവകർണങ്ങളെയും പരമാത്മപ്രാപ്തിക്ക് യോഗ്യമാക്കി തീർക്കുന്ന സാധനയിലൂടെ തപശ്ചരിയിലൂടെ ഈ ആത്മലാഭം നിനക്കുണ്ടാകും ഈശ്വരപ്രാപ്തി ഉണ്ടാകും അതിന് നീ തികച്ചും യോഗ്യനായിരിക്കുന്നു എന്ന് ഇതുവുള്ള പരീക്ഷണങ്ങളും തനിക്ക് മനസ്സിലായി നിന്നാണ് എന്ന് പറഞ്ഞതിന് ശേഷം പരമാത്മതത്വത്തെ അതിന്റെ സ്വരൂപത്തെ അടുത്ത് ഉപദേശിക്കാൻ അടുത്തു വരുന്ന മന്ത്രങ്ങൾ അന്യത്ര ധർമാന്യത്ര അധർമാ അന്യത്ര അസ്മാ അന്യത്ര ഭൂതാ ച ഭവ്യ പശ്യസി തദ്ധ േ വേദമാമനത്തി സർവാ ചിക്ഷന്തോ ബ്രഹ്മചര്യം ചരന്തി പദം സംഗ്രഹേണ ബ്രവീമ്യൂമിത്യേതേവാരം ब्रह्मा യോ എ തസ് തത് ഏതദനം ശ്രേദാനം ജാ ബ്രഹ്മലോക ിസ്ഥിന്നഭൂവകും പുരാണോ ഹതശേന്മന്യദേഹം विजानीतो ീതോ നയം ഹന്തിഹതേ അണോരണീയാമഹോ മഹീയാൻ ആത്മാന്തോർനിഹോ ഗുഹ തശ്യതി വീതശോകോ ധാതു പ്രസാത് മഹിമാനമാത്മന ആസീനോ ദൂരം വ്രജതി ശയാതിദം ദോ ജാതുഹത്തി അ ശരീരം ശരീരേഷവസ്ഥ മഹാന്തം വിഭുമാത്മാനം മീരോനോചത്തി നയമാത്മാവനെഭ്യോയാ നം ബഹുന ശ്രുതേശംഭ്യത്മാവൃണു തനും സ്വാം നരോ ദുശരിത നശാദോ നനസോവാ പ്രാനമായാ ബ്രഹ്മജക്ഷത്രം ഉദന മറ്റോപേജനം കെദയത്ര സ ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഭൗതികമായ സർവത്തിനും അപ്പുറമാണ് എന്ന് പറയാൻ വേണ്ടി ആണ് പറയുന്നത് ധർമ്മത്തിനും അധർമ്മത്തിനും എല്ലാം അപ്പുറമാണ് അതിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് ത്രിപാദസ്യാമൃതം ദേവി പ്രപഞ്ചാതീതമായി സ്ഥിതി ചെയ്യുന്നു കാലാതീതമായി സ്ഥിതി ചെയ്യുന്നു ഭൂതഭാവികൾക്ക് അപ്പുറമായി സ്ഥിതി ചെയ്യുന്നു ത്മ വാചകമാണ് പ്രണവം പ്രണവമാണ് ശബ്ദം പ്രണവം മാത്രമല്ല ശബ്ദം എല്ലാ ശബ്ദവും തന്നെ പരമാത്മാവിനോട് ഭൗതികമായ മറ്റ് പ്രാപഞ്ചിക പദാർത്ഥങ്ങളെക്കാളും ഒക്കെ അടുത്ത് നിൽക്കുന്നതാണ് ശബ്ദം എന്ന് പറയുന്നത് ശബ്ദവും പ്രാപഞ്ചികമാണ് എങ്കിലും ശബ്ദം അതിനോട് അടുത്ത് നിൽക്കുന്ന അതുകൊണ്ടാണ് തസ്യവാചക പ്രണവ അതിന്റെ വാചകമാണ് പ്രണവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തന്ത്രശാസ്ത്രത്തിനും മറ്റും ശബ്ദത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അക്ഷരങ്ങൾ പരമാത്മാവിനോട് ഏറ്റവും സമീപത്തെ നിൽക്കുന്ന പ്രാപഞ്ചിക ഘടകങ്ങളാണ് ശബ്ദങ്ങളെന്ന് പറയും അതിൽ ഏറ്റവും മുഖ്യം പ്രണവം എന്തുകൊണ്ടാണ് അത് പരമാത്മാവിനോട് അടുത്തു നിൽക്കുന്നു എന്ന് പറയുന്നത് അവിടെ പറയും ഏകാഗ്രമായി പരമാത്മാവിനെ ധ്യാനിക്കുന്നവർ ആന്തരികമായി പ്രകടമാകുന്ന ഏറ്റവും സൂക്ഷ്മമായ ശബ്ദമാണ് പ്രണവം അതിന്റെ വൈഖരി ഉച്ചാരണം അതാണ് നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം ഓം എന്ന് പറയുന്നത് അത് പ്രണവത്തിന്റെ ബാഹ്യമായത് ഇതേ പ്രണവത്തിന്റെ തന്നെ ആന്തരികമായ അതാണ് നാദ അനുസന്ധാനത്തിനും മറ്റും യോഗിമാരുപയോഗിക്കുന്നു ആന്തരികമായി പ്രകടമാവുന്ന രൂപം ആ പ്രണവം ഒരുവനെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നു ആന്തരികമായി അല്ലെങ്കിൽ മനസ്സ് ബേർമുഖമായിരിക്കുന്ന മനസ്സിനെ അത് നയിച്ചു കൊണ്ടുപോയി ബ്രഹ്മത്തിൽ എത്തിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തെ വെളിയിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നു മനസ്സിന് അതിനെ സഹായിക്കുന്ന ഒരു മാധ്യമം അതാണ് പ്രണവും ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ബ്രഹ്മ ഉപാസനയ്ക്ക് ശ്രുതിയിൽ ആവർത്തിച്ച ആവർത്തിക്കാൻ നിർദ്ദേശിക്കുന്ന ഒന്നാണ് പ്രണവം അത് സാധകന് ഒരു വഴികാട്ടി പോലെയാണ് ബ്രഹ്മത്തിലേക്കുള്ള വഴികാട്ടി പോലെയാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അത് അക്ഷര ബ്രഹ്മം ഈ അക്ഷരം ബ്രഹ്മം തന്നെയാണ് കാരണം സാധകന് ജീവന് ആ പരമാത്മാവുമായി ഏകീകരിപ്പിക്കുന്നു ജീവഭാവത്തെ നഷ്ടപ്പെടുത്തി പരമാത്മപ്രാപ്തിയിലെത്തിക്കുന്നതിന് മാധ്യമമായി ഈ പ്രണവം നീക്കുന്നു ആ പ്രണവം ഉള്ളിൽ ഉണർന്നു അവന്റെ ജീവഭാവത്തെ നശിപ്പിക്കുന്നു ബാഹ്യമായി ഉച്ചരിക്കുന്നത് പ്രഥമഘട്ടം ക്രമേണ ആ പ്രണവം ഉള്ളിൽ തന്നെ പ്രകടമായി ആ ജീവന്റെ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നു പ്രപഞ്ചവ്യവഹാരത്തിന് ണമായിരിക്കുന്ന മനസ്സിനെ നയിച്ച് പരബ്രഹ്മത്തിൽ വിലയിപ്പിച്ചു കളയും അതാണ് ആ പ്രണവത്തിന്റെ ശക്തി അതുകൊണ്ട് പറയുന്നു ഏതത് ആലംബനം പരവുമായ അന്ത്യുമായ ആലംബനം ഇടാം എന്നറിയാം ബാഹ്യമായി പല ആലംബനങ്ങളും ഉണ്ടാകാം സാധകനും സാധ്യവും ഇതിനെ ഒന്നാക്കി തീർക്കുന്ന അവസാനത്തെ ആലംബനം എന്ന് പറയുന്നത് പ്രണവമാണ് അതുകൊണ്ട് ആ പ്രണവത്തിന്റെ മഹത്വത്തെ പറയുന്നു ആ പ്രണവം ഏതത് ആലംബനം ഞാത്തുക ഈ ആലംബനത്തെ ശരിയായി അറിഞ്ഞിട്ട് ഈ ആലംബനത്തിലൂടെ ബ്രഹ്മലോകീ മഹീയതയെന്ന് ബ്രഹ്മസ്വരൂപ അവനെത്തിച്ചേർന്നു അവിടെ പൂജിതനായിത്തീരുന്നു ആത്മനിഷ്ഠനായിത്തീരുന്നു അതിന് അവനെ സഹായിക്കുന്ന പരമമായ അന്തിമമായ സാധനം ഈ പ്രണവമാണ് അത് അവിടെ പ്രണവോപാസനയും പ്രണവവിചാരത്തെയും രണ്ടിനെയും അവിടെ സൂചിപ്പിക്കുകയാണ് അങ്ങനെ എത്തിച്ചേരുന്ന ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം കാരണം ലക്ഷ്യത്തെ വ്യക്തമായ ബോധമുണ്ടെങ്കിൽ ഒരുവന് അതനുസരിയായിട്ടുള്ള ആ ലക്ഷ്യത്തിനനുസരിയായിട്ടുള്ള ശരിയായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്താണ് പരമാത്മാവ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ ധന ലഭിച്ചു കഴിഞ്ഞാൽ ആ പരമാത്മാവിനെ പ്രാപ്തിക്കുന്നതിനുള്ള ശരിയായ മാർഗ്ഗത്തിലൂടെ ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിയും ശ്രുതി എപ്പോഴും ലക്ഷ്യ ഉന്മുഖമായി ലക്ഷ്യത്തെ വിശദീകരിക്കും പല ഭാഗങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മാവിന്റെ സ്വരൂപത്തെ വിശദീകരിക്കും എന്താണ് ആത്മാവ് നജായതയും പ്രിയതയും കാരണം എന്തിനെയാണോ നാം പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ ജീവിത ലക്ഷ്യമായിരിക്കുന്നത് അത് എന്താണെന്ന് വ്യക്തമായി ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പം ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള മാർഗം തിരഞ്ഞെടുക്കണമെങ്കിൽ ലക്ഷ്യബോധം വ്യക്തമായി തീരും അതിനുവേണ്ടി അത് പറയുന്നു ആത്മാവിന്റെ സ്വരൂപം ഇന്നതാണ് അപ്പം ഈ തരത്തിലുള്ള ആത്മാവിന് പ്രാപിക്കുന്നത് അതിനനുയോജ്യമായ വഴിയിലൂടെ സഞ്ചരിക്കണം അപ്പോൾ മാർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമുണ്ടാവും അതിനുവേണ്ടിയാണ് ആത്മതത്വത്തിലൂടെ വീണ്ടും വീണ്ടും അണോരണീയാൻ മഹതോ മഹീയാൻ എന്നെല്ലാം സ്ഥിരീകരിക്കുന്നത് അവിടെയും പറയുന്നുണ്ട് ധാതുപ്രസാദ ആത്മതത്വത്തിൻ്റെ മഹാത്മ്യത്തെ ധാതുപ്രസാദം കൊണ്ട് നിനക്ക് അറിയാൻ കഴിയും ആത്യന്തികമായി ആ ധാതുപ്രസാദം എന്ന് പറയുന്നത് പരമമായ ആന്തരിക ശുദ്ധിയാണ് ആന്തരികമായ ശുദ്ധിയാണ് കാമക്രോധങ്ങളെല്ലാം മനസ്സിൽ നിന്നകന്ന് മനസ്സും ആ മനസ്സ് പ്രവർത്തിക്കുന്ന ആ മനസ്സിന്റെ ശുദ്ധിയും ആ മനസ്സ് പ്രവർത്തിക്കുന്ന ഈ ശരീരം പോലും പരമപവിത്രമായി തീരുന്ന അവസ്ഥ അതുകൊണ്ടാണ് അതിന് ധാതുപ്രസാദം എന്ന് പറയുന്നത് ഒരു സാധകന്റെ മനസ്സ് മാത്രമല്ല ശുദ്ധിയായി തീരുന്നത് ഭൗതികമായ ആ ശരീരം പോലും പരമപവിത്രമായിത്തീരുന്നു അതുകൊണ്ടാണ് നമ്മൾ മഹാത്മാകണ്ട ശരീരം സൂക്ഷിച്ചു വെച്ച് അവിടെ പ്രതിഷ്ഠ നടത്തി ആരാധന നടത്തുന്നുണ്ട് കാരണം ആ ശരീരം പോലും പരമ പവിത്രമായി തീരുന്നുണ്ട് അവിടെ ഇവിടെ ഭാഷ്യകാരക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ധാതുപ്രസാദം കൊണ്ട് സപ്തധാതുക്കൾ ശുദ്ധിയായിത്തീരുന്നു എന്നും പറയാം ആ പരമപരിശുദ്ധി ആ പരമപരിശുദ്ധിയിൽ മാത്രമേ ഒരുവൻ്റെ ഉള്ളിൽ ഈ ആത്മ ബോധം ദൃഢമാകത്തുള്ളൂ അങ്ങനെ അയമഹമസ്മി പരമാത്മാവ് തൻ ആ പരമാത്മസ്വരൂപം തന്നെ ഇന്നൊരുവിനെ സാക്ഷാത്കരിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് അതുകൊണ്ട് ആത്മാവിൻ്റെ മഹത്വത്തെ അധാത് പ്രസാദം കൊണ്ടൊരുവനറിയാൻ കഴിയും അതുകൊണ്ട് അത്യന്തം സദാചാരനിഷ്ഠമായ ജീവിതം അതാണ് ഇതിൻ്റെ ബാലപാഠം അതില്ലാതെ സാധ്യമല്ല സാധന ചതുഷ്ഠയ സമ്പത്തി എന്നെല്ലാം പറയുന്നത് അതിനുശേഷം വരുന്ന അത്യന്തം സദാചാരനിഷ്ഠമായ ജീവിതം കൊണ്ട് പരിചയങ്ങളായതിനെല്ലാം വർജിച്ച് ഒഴിവാക്കേണ്ടതിനെല്ലാം ഒഴിവാക്കി നന്മയെ മാത്രം സ്വീകരിച്ചു പോകുന്ന ഒരുവന് മാത്രമേ ഈ പറയുന്ന ധാതുപ്രസാദം ഉണ്ടാകത്തുള്ളൂ ആന്തരിക ബാഹ്യ കരണങ്ങളുടെ ശുദ്ധി ഉണ്ടാകത്തുള്ളൂ ശരീരശുദ്ധിയുണ്ടാകത്തുള്ളൂ അങ്ങനെ തമക്രതുപ്പശ്ചരി അവൻ ആ പരമാത്മാവിനെ നേരിട്ടു കാണുന്നു എന്നാണ് അനങ്ങനെ സാധ്യമല്ല അന്യന് മതന്യു കഹ തം ഞാതും അത്രയും യോഗ്യനല്ലാത്ത ഒരുവന് ഇതെങ്ങനെ ഈ ഇതിനെ നേടാൻ കഴിയും അറിയാൻ കഴിയും എന്നാണ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ധാരാളം കാണും പക്ഷെ അത് നേടുന്നതിനുള്ള തന്റെ യോഗ്യതയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വിരളമാണ് അത് യോഗ്യനാണോ അർഹനാണോ എന്ന് ചിന്തിക്കുന്നവർ വിരളമാണ് അതുകൊണ്ട് പറയുന്നു അത് യോഗ്യത നേടാതെ അത് അസാധ്യമാണ് അങ്ങനെ ഉള്ള ആത്മാവിനെ അറിഞ്ഞ് മുക്തനായി തീരുക എന്തിൽ നിന്ന് ശോകമോഹങ്ങളിൽ നിന്ന് മുക്തനായി തീരുക എന്നാണ് അങ്ങനെ അതിൻ്റെ അവസാനപ്പടി അതെന്താണ് അത് പറയുന്നു ഒരുവന്റെ പരിശ്രമത്തിലൂടെ ഗുരുവിന്റെ സാമർഥ്യത്തിലൂടെ ഒരുവന്റെ അഹന്ത ലേശത്തിന്റെ സഹായത്തിലൂടെ ഇതിനെ ഒരിക്കലും പ്രാപിക്കാൻ കഴിയത്തില്ല താൻ ആർജിക്കുന്നതൊന്നുമല്ല താൻ ആർജിക്കുന്ന ഒന്നിലൂടെയും ഇതിനെ നേടാൻ കഴിയത്തില്ല ആർജിക്കുന്നതാണെങ്കിൽ നേടുന്നതാണെങ്കിൽ അത് അതുകൊണ്ട് പരമാത്മപ്രാപ്തി എന്ന് പറയുന്നത് ഒരിക്കലും താൻ സാധനയിലൂടെ നേടിയെടുക്കുന്ന തന്റെ ഒരു ജീവിത സൗഭാഗ്യമല്ല ഒരു നേട്ടമല്ല മറിച്ചോ പറയുന്നു നമ്മൾ മുമ്പും വിശദീകരിച്ചിട്ടുള്ളതാണ് താൻ സാധനയിലൂടെ നേടിയെടുക്കുന്ന ഒക്കെ എന്താണോ തന്റെ യോഗ്യതയാണ് നേടിയെടുക്കുന്നത് ആ പരമാത്മപ്രാപ്തിക്കുള്ള അർഹതയെ തനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നു അതൊരിക്കലും പരമാത്മാവിനെ നേടാൻ കഴിയുന്നില്ല മറിച്ച് അതെങ്ങനെ സംഭവിക്കുന്നു പറയുന്നത് അത് സ്വയം സംഭവിക്കുന്നു സ്വാം തനു വിവരണത്തെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് എപ്പോഴാണോ ആ പരമാത്മാവ് സ്വയം വെളിപ്പെടുത്തുന്നത് അപ്പോൾ അതൊരു വിനു വെളിപ്പെട്ടു എന്ന് പറയാം അത് പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്നതല്ല പരിശ്രമം ആവശ്യമാണ് അത് തന്നെ അർഹനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ആ പരമാത്മാവിനെ അത് നേടിത്തരത്തില്ല നേരിട്ട് അത് സ്വയം തന്നെ അത് വെളിപ്പെടുന്നു അതിനെ വെളിപ്പെടുത്താനൊക്കത്തില്ല ഒരു ജീവനൊരിക്കലും അതിന് വെളിപ്പെടുത്താൻ കഴിയത്തില്ല എപ്പോഴാണോ അത് സ്വസ്വരൂപത്തെ പ്രകടമാക്കുന്നത് അതാണ് അതാണ് അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് വെളിപ്പെടുത്തുന്നതുവരെ കാത്തിരിക്കുക ക്ഷമയോടെ ആ ക്ഷമനാകാതെ കാത്തിരിക്കുക എന്ന് പറയുന്നതാണ് അതുകൊണ്ട് പറയുന്നു ആ യോഗ്യത ധാതുപ്രസാദം അത് നാവിരതോ ദുശ്ചരിത ദുരാചാരത്തിന്റെ ലേശമെങ്കിലും ഒരുവനിൽ അവശേഷിക്കുന്നുവെങ്കിൽ അവൻ ഈശ്വരപ്രാപ്തിയില്ല അത് പറഞ്ഞാണ് ആ വലിയ അവസാനിപ്പിക്കുന്നത് അതിൻ്റെ മഹത്വം ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തെയും ഉൾക്കൊള്ളുന്നതും സർവത്തെയും അതിക്രമിക്കുന്നു എന്നാണ് അവസാനത്തെ മന്ത്രത്തിൽ പറയുന്നത് സർവശക്തികളെയും ബ്രഹ്മക്ഷത്ര ശക്തികളെയല്ല അതിക്രമിച്ചു നിൽക്കുന്നതാണ് അടുത്ത് മൂന്നാമത്തെ വലിയ ആണ് രണ്ടാമത്തെ സുഹൃതോ ഗുഹാ പ്രവിഷ്ടോ പരമേ പരാർ ഛാതോ ബ്രഹ്മവിദോ വദത്തി പച്ചാഗ്നയോ യേ ചേറ്റേതു അക്ഷരം ബ്രഹ്മ യഥീർഷ േം സഖേമഹ ആത്മാനം രഥിം വിധി ശരീരം രഥമേവുദ്ധിം സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേ ചന്ദ്രി ഹയാഹൃ വിഷയാംസ്ത ഗോചരാ ആത്മേന്ദ്രിമനോയുക്തം ഭോക്തേത്യാമനീഷിണവിജ്ഞാനവാൻ അയുക്ത മനസ്രിയാണ്യവശ്യ ദുഷ്ടശ്വാ സാര യു വിജ്ഞാനുക്ന മനസേന്ദ്രി വശ്യ സദശ്വാ സാരതി അമനസ്കാശം ആപ്പോതി സംസാരം ചാധിഗതിസ്തു വിജ്ഞാനവാൻ സമനസ്കാശു സു തദ്ദമാപ്പിണോതിസ്മായുത വിജ്ഞാനസര്യസ്ഥോ മനഃ പ്രഗ്രഹവാര परमं സോധ്വന പരമാോതി തദ് പദം मनसस्तु അത്ഭ്യം മനഃ മനസ്സുദ്ധി महान മഹാൻ പര परमं പരമവ്യം അവ്യത പുരുഷന്നരം സാക്ഷാ സേഷു ഭൂത ഗൂഢോത്മാന പ്രകാശത്തെ ദൃശ്യത്തെ ത്വ്യാ ബുദ്ധ്യ സൂക്ഷ്മയാൂക്ഷ്മദർശി യേദ് മഹതിനിഗ്രതോധത അക്ഷര ധാരാരിശിതാദുരയാർഗം പതസ്തവദി അശബ്ദ അസ്പർശമൂപമ്യയം തധാര സിം അഗന്തം ANADYANANDAM പരം dhruvam നിചായ തന്മൃത്യുഖാത് പ്രമുച്യത്തെചിക്േദാഖ്യ മൃത്യുക്ത സുക് ശീലോകീയം പരമം ഗുഹ്യം ശ്രാവസ <Shrayadhamya> പ്രാദ്ധകാധ്യത <Shrayadhamya -sam -sadi> <Shrayadhamya -sam -sadi>